ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ഈ വെള്ളിയാഴ്ച വീണ്ടും ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം അവസരത്തെ ഓർത്ത് ദൈവം ഭാഗം നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു പ്രിയപ്പെട്ടവർ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് കർത്താവായി യേശു ക്രിസ്തു പള്ളിയിൽ ചെന്നു അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു അവനെ ശപത്തിൽ യേശു സൗഖ്യമാക്കുമോ എന്ന് അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു യേശു അതിൻ്റെ മുൻപാകെ ദു അവരുടെ ഹൃദയകാഠിന്യനിമിത്തം അതായത് പരീശന്മാരും മറ്റുള്ളവരും ഇവനീ ശബത്തിൽ ഈ ആളിനെ സൗഖ്യമാക്കുമോ ഇതായിരുന്നു അവരുടെ പ്രശ്നം അല്ലാതെ ഈ സാധു മനുഷ്യനെ സൗഖ്യമാക്കുന്നതിൽ അവർക്ക് അതല്ല അവരുടെ അവർ അവരുടെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമായിട്ടുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാളും അവരുടെ ആചാരങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഉടനെ യേശു അവരോട് ചോദിക്കുന്നു ശവത്തിൽ നന്മ ചെയ്യുകയാണോ തിന്മ ചെയ്യുകയാണോ ഏതാണ് വിഹിതം എന്ന് ചോദിച്ചു അപ്പം അതിന് മറുപടി പറഞ്ഞാൽ അവരുടെ ഈ സാധു മനുഷ്യനോടുള്ള സഹതാപമില്ലായ്മ വെളിപ്പെടുമെന്നുള്ളത് കൊണ്ട് അവരൊരു മറുപടിയും പറയാതെ നിശബ്ദരായിട്ട് നിൽക്കുന്നു കണ്ടോ കർത്താവായി യേശു ക്രിസ്തു അതിൻ്റെ മുമ്പാകെ ഇവരുടെ ഈ ഹൃദയ കാഠിന്യത്തിൻ്റെ മുമ്പാകെ അതായത് അവർ രണ്ട് വിധത്തിലാണ് അവരുടെ മനസ്സ് കാപട്യമുള്ളതായിരിക്കുന്നത് ഒന്ന് ഈ ആളിനോട് അവർക്കൊരു സഹതാപമില്ല അവന് സൗഖ്യം ലഭിക്കണമെന്ന് അവർക്ക് താല്പര്യമില്ല രണ്ട് ഈ ഈ കാര്യത്തിനൊരു മറുപടി പറഞ്ഞാൽ ആ ആ നിലയിൽ യേശുവിനെ ശബത്തിൽ പിടിക്കാൻ ഒക്കുമോ ഇങ്ങനെ യേശുവിനെ ഒരു വശത്ത് കുറ്റക്കാരനാക്കണം മറുവശത്ത് ആ സാധു മനുഷ്യനോട് അവർക്ക് ആ നിലയിൽ അവനോട് ഒരു സഹതാവുമില്ല അവർക്കവരുടെ ആചാരമാണ് പ്രധാനം അവരുടെ ശപത്തിനെ എല്ലാം കൃത്യമായിട്ട് ആചരിക്കുകയാണ് ഒരാൾക്ക് നന്മ ചെയ്യുന്നതിനേക്കാൾ അവർക്ക് പ്രധാനം ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവരുടെ നിശ്ശബ്ദത കണ്ടിട്ട് യേശു എന്തു ചെയ്തതായിട്ടാണ് അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അവരുടെ ഹൃദയ കാഠിന്യ അവൻ ദുഃഖിച്ചു കോപത്തോടെ അവരെ ചുറ്റി നോക്കി അവരെ ചുറ്റും അവരെ ചുറ്റി നോക്കി എന്നിട്ട് ആ മനുഷ്യനെ സൗഖ്യമാക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളവിടെ കാണുന്നത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലുള്ള പല സുവിശേഷങ്ങളിൽ ആളുകളുടെ ഹൃദയ കാഠിന്യം കർത്താവ് ചില രസൗഖ്യമാക്കുന്ന കാര്യങ്ങൾ എന്ത് വേണം എന്നവരോട് തന്നെ ചോദിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവിടെ ആ ഭാഗങ്ങളിൽ നിന്ന് അല്പം വ്യത്യാസമായിട്ട് ഒരു വാക്ക് ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അവനെ ദുഃഖിച്ചുകൊണ്ട് കോപത്തോടെ അവരെ ചുറ്റും നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ കോപത്തോടെ എന്ന് പറയുമ്പോൾ ദേവപുത്രനായ യേശു കോപിക്കാമോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ പലപ്പോഴും വരും നമ്മളൊക്കെ പ്രത്യേകിച്ചും കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്ന് ഗിരിപ്രഭാഷണം പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ മത്ത എഴുതിയ സുവിശേഷം അഞ്ചാമധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഞാനോ നിങ്ങളോട് പറയുന്നു കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസ്സാരെന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും എന്നൊക്കെ കർത്താവായ യേശു തന്നെയാണ് പഠിപ്പിച്ചത് ആ കർത്താവ് കോപിച്ചു എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ മറ്റു ചില വാക്യങ്ങൾ ഈ ആക്കോമിൻ്റെ ലേഖനം അതിൻ്റെ ഒന്നാമധ്യായം പത്തൊൻപതാമത്തെ വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ നിവർത്തിക്കുന്നില്ല എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കെ കർത്താവായി യേശു ക്രിസ്തു കോപിച്ചു എന്നിവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ നമുക്ക് വേറൊരു രംഗവും നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് കർത്താവ് ദേവാലയത്തിൽ ചെന്നപ്പം ആ ദേവാലയത്തെ അവരൊരു വാണിഫ്യശാലയാക്കിയത് കൊണ്ട് കർത്താവ് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആ നിലയില് ആടുകളെയും ആടുകളെയും ഒക്കെ പുറത്താക്കി അങ്ങനെ ആ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന രംഗത്തും തീർച്ചയായിട്ടും ചമ്മട്ടിയെടുത്ത് ഈ ഇവരെ ഇതിനെ പുറത്താക്കുന്ന രംഗത്തും തീർച്ചയായിട്ടും ഒരു ദിവ്യമായ കോപം കർത്താവിന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ സുവിശേഷങ്ങളുടെ രണ്ട് രംഗങ്ങളിലെങ്കിലും ഒന്ന് ഇവിടെ ഈ വരണ്ട കൈയുള്ള മനുഷ്യനെ സൗഖ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള അവരുടെ ഹൃദയകാഠിന്യത്തോടുള്ള ബന്ധത്തിൽ രണ്ട് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ രണ്ട് രംഗങ്ങളിലെങ്കിലും കർത്താവ് കോപിച്ചതായിട്ട് പറയുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ കർത്താവ് മത്തായി സുവിശേഷം അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിലും ഈ അക്കോപ് ഒന്നിൻ്റെ പത്തൊൻപത് ഒന്നിൻ്റെ നമ്മൾ കണ്ടതുപോലെ കോപത്തിനെതിരെയുള്ള കാര്യങ്ങളെ കർത്താവ് തന്നെ ലംഘിക്കുകയാണോ എന്നൊക്കെയും നമ്മുടെ മനസ്സിൽ ചിലപ്പോഴൊരു സംശയം വരാം അല്ലെങ്കിൽ അമിത കൃത്തിപ്പുകാരായ ചിലര് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ആളുകളുടെ ഹൃദയങ്ങളിലെ സംശയങ്ങൾ വിതയ്ക്കാം ഇതിനെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടായിരിക്കണം പ്രിയമുള്ളവർ എഫ് എ സിർ കഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ വാക്യത്തിൽ അവിടെയാണ് കോപത്തെക്കുറിച്ചുള്ള ഒരു പ്രമാണം നമ്മൾ കാണുന്നത് അവിടെ നമ്മൾ വായിക്കുന്നു എഫ് എ സിർ നാലിൻ്റെ പാപം ചെയ്യരുത് അപ്പോൾ കോപിക്കുന്നതല്ല അത് ഒരു പാപത്തിലോട്ട് നയിക്കുന്ന നിലയിലാകരുത് കോപി കോപിച്ചാൽ പാപം ചെയ്യരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ ഈ കോപത്തെ നമുക്ക് സംബന്ധിച്ചുള്ള നമ്മുടെ ഈ ചിന്തകളെ നമുക്കിങ്ങനെയങ്ങ് പറയാം അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള കോപം ഉണ്ടാകാം ഒന്നെന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടൊരാൾ നമ്മളെ ആക്ഷേപിച്ചാൽ നമുക്ക് കോപം ഉണ്ടാകാം നമ്മളെ ഏതെങ്കിലും നിലയിൽ പരിഹസിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്നു നമ്മളെ മോശമായിട്ട് പറയുന്നു അങ്ങനെയൊക്കെ നമ്മുടെ വ്യക്തിത്വത്തോട് ചേർന്ന് നമ്മുടെ സൽപേരിനെ ഹനിക്കത്തക്ക രീതിയിൽ ഒരാൾ പറഞ്ഞാൽ വ്യക്തിപരമായി നമ്മുടെ നേരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങൾക്ക് മുമ്പാകെ നമുക്ക് കോപിക്കാം രണ്ടാമത്തേത് രണ്ടാമത്തെ കോപം എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞതുപോലെ വ്യക്തിപരമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല മറിച്ച് ദൈവീകമായ ഒരു കാര്യത്തിന് വേണ്ടി കോപിക്കാം അപ്പോൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കോപം രണ്ട് തരത്തിലുണ്ടെന്നാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒന്ന് വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് മുമ്പിൽ കോപിക്കുന്നു അതുപോലെ തന്നെ ദൈവികമായ കാര്യങ്ങളെ പ്രതി ആത്മീയമായ കാര്യങ്ങളോടുള്ള ശുഷ്കാന്തിയെ പ്രതി കോപിക്കുന്നു ഈ രണ്ട് കോപങ്ങളിൽ ഏത് കോപമാണ് പാപമായി തീരുന്നത് കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് എഫ് എ സർ നാലിൻ്റെ ഇരുപത്തിയാറിൽ പറയുന്നത് ഏതാണ് ഈ രണ്ട് കോപങ്ങളിൽ ഏത് കോപമാണ് പാപമായി തീരുന്നത് ഏതാണ് പാപമല്ലാതായി തീരുന്നത് നമുക്കറിയാമല്ലോ കർത്താവായ യേശു തന്നെയാണ് ഇതിനെ നമുക്ക് മാതൃക കർത്താവ് എന്തു ചെയ്തില്ല തനിക്കെതിരെ ആക്ഷേപങ്ങൾക്കൊന്നും മുമ്പാകെ കർത്താവ് മൗനം പാലിക്കുകയാണ് ചെയ്തത് അല്ലെങ്കിൽ അതിനെതിരെ കോപിച്ചിട്ടില്ല ഇവിടെ മർക്കോസിൻ്റെ സുശേഷം മൂന്നാമത്തെയായോ അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ കർത്താവിന് ബുദ്ധിപ്രമം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞിട്ടുണ്ട് യോഹനാൻ്റെ സുവിശേഷം എട്ടിൻ്റെ നാൽപ്പത്തെട്ട് മത്തായി പന്ത്രണ്ടിൻ്റെ ഇരുപത്തി നാല് യോഹനാൻ ഒൻപതിൻ്റെ ഇരുപത്തൊൻപത് യോഹനാൻ പത്തിൻ്റെ ഇരുപത് ഇവിടെയൊക്കെ യേശുവിനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന പല രംഗങ്ങളും നമുക്കത് കാണാം എന്നാൽ ആ വ്യക്തിപരമായ ആക്ഷേപങ്ങളുടെ ഒന്നും മുമ്പാകെ കർത്താവ് എന്തു കർത്താവ് അവിടെ കോപിച്ചില്ല മറിച്ച് കർത്താവ് കോപിച്ചത് ഏതിലാണ് ഒന്ന് ഇവിടെ ഇതാ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു സാധു മനുഷ്യനോട് ആളുകൾ ഒരു കരുണയില്ലാതെ പെരുമാറുന്നത് കണ്ടപ്പോൾ കർത്താവ് കോപിച്ചു രണ്ടാമത് ദൈവീകമായ കാര്യങ്ങളെ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് കാണുകയും ദൈവത്തിൻ്റെ പേരിൽ സാധു മനുഷ്യരെ ചതിക്കുകയും അവരെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ദേവാലയത്തിലെ ആ കച്ചവടം അവിടെയും ദൈവത്തിൻ്റെ ദൈവികമായ കാര്യങ്ങൾക്ക് കർത്താവ് കോപിച്ചതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ രണ്ട് കോപ ഈ കോപിച്ചതായിട്ട് പറയുന്ന മർക്കോസിൻ്റെ സുവിശേഷത്തിലെ മൂന്നാമത്തെ അധ്യായത്തില് പറഞ്ഞ കാര്യമാകട്ടെ അത് തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല കർത്താവ് കോപിച്ചത് അല്ലെങ്കിൽ ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ ചാട്ടവാറന്തിയതും തൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടിയല്ല മറിച്ച് ദൈവീകമായ കാര്യങ്ങളുടെ ആ അന്തസത്ത സംരക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് കോപിച്ചു നമുക്കും അങ്ങനെ ഇന്ന് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുക ചെയ്യുമ്പോൾ നമുക്കൊരു ദിവ്യമായ കോപം ഉണ്ടാകണം ഉണ്ടാകുകയും വേണം എന്നാൽ പലപ്പോഴും നമുക്കെന്താ ദൈവത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കോപം മറിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടാരെങ്കിലും ആക്ഷേപിച്ചാൽ നമ്മൾ കോപിക്കും കർത്താവ് ഇതിന് നേരെ തിരിച്ചായിരുന്നു തന്നെ വ്യക്തിപരമായി ആളുകൾ ആക്ഷേപിച്ചപ്പോഴൊന്നും കർത്താവ് കോപിച്ചില്ല എന്നാൽ ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് കോപിച്ചു ഇതുകൊണ്ടാണ് കോപിച്ചാൽ പാപം ചെയ്യരുത് എന്ന് എഫ് എ സർ നാലിൻ്റെ ഇരുപത്തിയാറിൽ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കോപം പാപത്തോളം ചെല്ലുന്ന ഒരു കോപമല്ലായിരുന്നു അതൊരു ദിവ്യമായ കോപമായിരുന്നു അത് തനിക്ക് വേണ്ടി ആയിരുന്നില്ല ദൈവനാമത്തെ പ്രതി മറ്റു മനുഷ്യരെ പ്രതിയായിരുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് നമ്മുടെയും കോപങ്ങൾ ആ നിലയിൽ ദൈവീകമായ കോപങ്ങളായിരിക്കണം നമ്മളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളുടെ മുമ്പാകെ കർത്താവായി യേശു പോലെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ നമ്മളും വായടച്ച് നിശബ്ദത പാലിക്കുകയും കോപിക്കാതിരിക്കുകയുമാണ് വേണ്ടത് ഇതാണ് കോപം സംബന്ധിച്ച് നമ്മള് ഇതിൽ നിന്ന് എടുക്കേണ്ട ഒരു പ്രമാണം പ്രിയമുള്ളവരെ മർക്കോസിന്റെ സുവിശേഷം തന്നെ അതിൻ്റെ മൂന്നാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം അത് ഇങ്ങനെയാണ് പറയുന്നത് മനുഷ്യരോട് സകല പാപങ്ങളും അവരെ അവർ ദുഷിച്ചു പറയുന്ന സകല ദൂഷണങ്ങളും ക്ഷമിക്കും പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ഒരു നാളും ക്ഷമ കിട്ടാതെ എന്ന് പറയുന്നു ഇവിടെ അവിടെ അന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവന് അയു എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച ഒരു രംഗത്ത് ഈ നിലയിൽ ദൈവം ക്ഷമിക്കുന്ന കാര്യങ്ങൾ ഏതാണ് ക്ഷമിക്കാത്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് അവിടെ പറയുകയാണ് ഇത് ഇന്ന് പലരും ക്രിസ്തീയ സഭകളിലുള്ള കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച പലരും അവരുടെ ജീവിതത്തിൽ ചിലപ്പോഴ് ഉണ്ടാകാവുന്ന ഏതെങ്കിലും നിലയിലുള്ള ഒരു വീഴ്ചയുടെ മുമ്പാകെ ഈ വാക്യങ്ങളൊക്കെ എടുത്ത് പലപ്പോഴും അവരെ നിരാശപ്പെട്ടു പോകുന്ന പോലെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവായി യേശു ഇവിടെ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ കർത്താവിൻ്റെയും കർത്താവ് നമ്മുടെ മനോഭാവത്തെയാണ് ശ്രദ്ധിക്കുന്നത് നമ്മൾ നമ്മുടെ ഈ കർത്താവിനെതിരെ ഈ പറഞ്ഞ ആളുകൾ അവൻ അശുദ്ധാത്മാവുണ്ട് എന്ന് യേശുവിനെക്കുറിച്ച് പറഞ്ഞ ആളുകൾ അവർ പശ്ചാത്തപിക്കാതെ അവർ ഹൃദയകാഠിന്യത്തോടെ തന്നെ പോയത് അവർക്ക് ആ നിലയിലുള്ള ഒരു പാപക്ഷമ കിട്ടാതിരുന്നത് എന്നാൽ എത്ര വലിയ കൊടും പാപം ഒരുവനും കർത്താവായി യേശു രക്തത്തിൽ ശരണപ്പെട്ടാൽ പശ്ചാത്താപത്തോടെ വന്നാൽ അനുതാപത്തോടെ വന്നാൽ അവനെ കർത്താവിന്തി ചെയ്യും അവൻ്റെ അതിക്രമങ്ങളും പാപങ്ങളും കർത്താവ് ക്ഷമിക്കും യേശുവിൻ്റെ രക്തത്തിന് മായിച്ചു കളയാൻ കഴിയാത്ത ഒരു പാപവുമില്ല ഇത് കൂടെ കൂടെ കാരണം വിശുദ്ധിയെക്കുറിച്ച് പറയുന്ന സഭകളിലും കൂട്ടങ്ങളിലും ഒക്കെ ചെറുപ്പക്കാരിൽ ചിലരെങ്കിലും പിശാജ് ഏതെ അവരനുതപിച്ച ഏതെങ്കിലും പാപത്തെ സംബന്ധിച്ച് അവരെ ദൈവസന്നിധിയിൽ ചെന്ന് അനുദപിച്ച് ഏറ്റു പറഞ്ഞ് കർത്താവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ച ഏതെങ്കിലും പാപത്തെ സംബന്ധിച്ച് പിന്നെയും പിന്നെയും പിശാജ് ചിലപ്പോഴേ അവരെ കുറ്റപ്പെടുത്തുകയും അവരുടെ ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യവും ധൈര്യവും കെടുത്തി ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് ഈ വാക്യം പ്രത്യേകം എടുത്താൽ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നിയോഹന്നാൻ ഒന്നാമധ്യായം ഏഴോ ഒൻപതോ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും തെറ്റിനെക്കുറിച്ച് നമുക്ക് ബോധ്യം തരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് അത് ഏറ്റു പറഞ്ഞ് മറ്റൊരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആളിനോടും അത് ഏറ്റുപറഞ്ഞ് അത് ക്രമീകരിച്ച് കർത്താവിൻ്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പിശാച ഏതെല്ലാം തരത്തിലുള്ള കുറ്റബോധത്തിൽ നമ്മളെ വീഴ്ത്താൻ വന്നാലും നമ്മളതിനെതിരെ അതിനെതിരെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത് അല്ലാതെ അതിന് കീഴടങ്ങുന്നത് ഒരു ആത്മീയതയൊന്നുമല്ല നമ്മൾ ബൈബിളിലെ പല വാക്യങ്ങൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇത് നമ്മൾ കാണാറുണ്ടല്ലോ യഷയാവിൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം എൻ്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയുമില്ല ഇവിടെ ദൈവം എത്ര വ്യക്തതയോടെയാണ് പറയുന്നത് എൻ്റെ നിമിത്തം ഞാൻ എന്നിട്ട് പിന്നെയും പറയുന്നു ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു നിൻ്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയും ഇല്ല ഇരമ്യാവ് മുപ്പത്തി ഒന്നിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഞാൻ അവരുടെ അകൃത്യം മോചിക്കും അവരുടെ പാപം ഇനി ഓർക്കുകയും രണ്ട് കാര്യങ്ങളാണ് ഈ പഴയ നിയമവാക്യങ്ങളിൽ യശയാവ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തഞ്ചിലും ഇരമ്യാവും മുപ്പത്തൊന്നും മുപ്പത്തിനാലിലും നമ്മളെ കാണുന്നത് ഒന്ന് ദൈവം പാപവും അകൃത്യവും മോചിക്കും പാപങ്ങളും അകൃത്യങ്ങളും മോചിക്കണമെങ്കിൽ എന്ത് വേണം അനുതാപത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയും അത് വേണം അങ്ങനെ ചെയ്താൽ കർത്താവ് അത് മോചിക്കും രണ്ട് അവിടുന്ന് അത് ഓർക്കാതിരിക്കുകയും ചെയ്യും ഈ കാര്യം എബ്രായ ലേഖനത്തിൽ രണ്ടിടത്ത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് എബ്രായർ എട്ടിൻ്റെ പന്ത്രണ്ട് എബ്രായർ പത്തിൻ്റെ പതിനേഴ് അവിടെ രണ്ടിടത്തും ഈ കാര്യങ്ങൾ ഊന്നി പറയുന്നുണ്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഊന്നി പറയുന്നുണ്ട് പാപവും അകൃത്യവും കർത്താവ് ക്ഷമിക്കുമെന്നും അവിടുന്ന് കരുണയുള്ളവനാണെന്നും അവിടുന്ന് പാപങ്ങളെക്കുറിച്ച് പിന്നീട് അതിനെ ഓർക്കയില്ലെന്നും അവിടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭാഗത്ത് കണ്ട ഈ വാക്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ പിശാചെ നമുക്കെതിരെ കൊണ്ടുവരാൻ ഒരു മുഖാന്തരമായി തീരരുത് ദൈവവചനം നമ്മളെ ധൈര്യപ്പെടുത്തുന്നതാണ് നമ്മളതുകൊണ്ട് പൈശാചികമായ എല്ലാ ആ നിലയിലുള്ള തെറ്റായ കുറ്റപ്പെടുത്തലുകൾക്കും കീഴടങ്ങാതെ ധൈര്യത്തോടെ കർത്താവിൻ്റെ രക്തത്തിന് മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു പാപവുമില്ല എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ധൈര്യത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കണം എന്നാൽ മാത്രമേ കർത്താവിന് നമ്മളെ കൊണ്ട് വേലയ്ക്ക് പ്രയോജനമുള്ളവരാക്കി തീർക്കാനായിട്ടേ കഴിയുള്ളൂ ഇവിടെ നമ്മൾ നമുക്ക് നമ്മൾ സങ്കീർത്തനങ്ങളിലും നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യവും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളാണ് അവിടെ നമ്മുടെ പാവങ്ങളും അകൃത്യങ്ങളും ഒക്കെ നമ്മൾ നിന്ന് അകറ്റുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അവിടെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ വാക്യങ്ങളൊക്കെ നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ നമുക്ക് വളരെ വേഗത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ അടുത്ത അധ്യായത്തിലേക്ക് പോകാം മർക്കോസസിൻ്റെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഒരു രംഗം കാണുന്നത് നാലാമധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം അവിടെ കർത്താവ് താൻ ഒരു പടകിലെ പോകുമ്പോൾ കർത്താവ് അമരത്ത് തലേണം വെച്ച് ഉറങ്ങുകയായിരുന്നു ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴെന്ത് സംഭവിച്ചു അവിടെ വലിയ തിര തള്ളിക്കയറുകയാണ് തള്ളി കയറുമ്പോൾ ഇവിടെ അതാ നാലിൻ്റെ മുപ്പത്തെട്ടിൽ അമരത്ത് തലയണ വെച്ചുറങ്ങിയായിരുന്ന കർത്താവിനെ അവർ ഉണർത്തി എന്നിട്ട് പറയുന്നു ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്നാ പറയുന്നു ഇതേ സംഭവം തന്നെ മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ എട്ടാമത്തെ അധ്യായത്തില് നമ്മളെ വായിക്കുന്നുണ്ട് അവിടെ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അവരെ കർത്താവിനോട് നിലവിളിക്കുന്നത് അല്പം വ്യത്യാസമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഇവിടെ മത്തായിയിൽ പറയുന്നു കർത്താവെ രക്ഷിക്കണേ ഞങ്ങൾ നശിച്ചു രക്ഷിക്കാൻ നിനക്ക് കഴിവില്ലേ എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത് അതേസമയം മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ അവർ ചോദിക്കുന്നത് കർത്താവേ നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ നിനക്ക് ഞങ്ങളെക്കുറിച്ച് മനസ്സിലെയോ നമുക്കും പലപ്പോഴും ഒരു പ്രയാസം വരുമ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് സംശയം വരുന്നത് ഒന്ന് ഈ കാര്യത്തിൽ നിന്ന് കർത്താവിന് എന്നെ രക്ഷിക്കാൻ കഴിയുകയില്ലയോ കർത്താവിൻ്റെ ശക്തി അതിനെയാണ് സംശയിച്ചു പോകുന്നത് കർത്താവിനെന്നെ വിടുവിക്കാൻ കഴിയുകയില്ലയോ മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയഞ്ചാമത്തെ വാക്യത്തിൽ അവരുടെ നിലവിളിയിൽ ആ കാര്യത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത് കർത്താവേ ഞങ്ങൾ നശിച്ചു പോകുന്നു ഞങ്ങളെ രക്ഷിപ്പാൻ നിനക്ക് കഴിവില്ലയോ എന്നുള്ള കാര്യമാണ് അവിടെ ചോദിക്കുന്നത് അതേസമയം മർക്കോസിൻ്റെ സുവിശേഷത്തില് നമ്മൾക്ക് അവർ പറഞ്ഞത് എന്താണ് അവർ അവിടെ അഡ്രസ്സ് ചെയ്യുന്നത് നിനക്ക് കഴിവ് കാണും പക്ഷെ ഞങ്ങൾ നിനക്ക് വിചാരമില്ലയോ നീ ഞങ്ങളെക്കുറിച്ച് മനസ്സലിവില്ലയോ എന്നുള്ളതാണ് മർക്കോസിൻ്റെ സുവിശേഷം നാലിൻ്റെ മുപ്പത്തെട്ടിൽ അവരെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമാണ് പലപ്പോഴും പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന രണ്ട് സംശയങ്ങൾ ആ രണ്ട് സംശയങ്ങളിൽ ഒന്നാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത് മറ്റൊന്നാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് ഈ രണ്ട് സംശയങ്ങൾ എന്തൊക്കെയാ കർത്താവിന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിവില്ലേ കർത്താവ് സർവ്വശക്തനാണെന്ന് പറയുന്നു അവിടെ ഈ പ്രശ്നം പരിഹരിക്കാത്തത് ഇതാണ് ഒരു സംശയം രണ്ടാമത്തെ സംശയം കർത്താവ് സർവ്വശക്തനാണ് അവിടത്തേക്കെല്ലാം കഴിയും പക്ഷേ എന്നോട് എന്നോട് അവിടത്തേക്കൊരു കരുണയുണ്ടോ ഞാൻ പല തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഞാൻ വേണ്ടത്ര പൂർണ്ണ മനസ്കനല്ലോ അല്ലെങ്കിൽ എന്നോട് കർത്താവ് കരുണ കാണിക്കാത്തക്കവണ്ണം ഞാൻ ആ നിലയിലൊരു സൽഗുണസമ്പൂർണ്ണനല്ലല്ലോ അതുകൊണ്ട് എന്നോട് ചിലപ്പം കർത്താവിന് വിചാരമുണ്ടാവുകയില്ല ഈ രണ്ട് സംശയങ്ങളാണ് പിശാജ് പ്രയാസങ്ങളോടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുന്നത് എന്നാൽ കണ്ടോ മത്തായി എഴുതിയ സുവിശേഷത്തിലും നമ്മളിവിടെ മർക്കോസിലും ഇവർ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ കർത്താവ് എന്തു ചെയ്തു കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തത വന്നു അവർക്ക് വളരെ ധൈര്യമുണ്ടായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതിൽ നിന്നെടുക്കേണ്ട ഒരു പാഠം പ്രയാസങ്ങളുടെ ഘട്ടത്തിൽ പിശാജ് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന രണ്ട് സംശയങ്ങളെയും കർത്താവ് തന്നെ എഴുന്നേറ്റ് അതിനെ ശാസിച്ച് ആ വലിയ ശാന്തത വരുത്തി അതിലൂടെ നമ്മളോട് പറയുന്നത് എന്താ എന്നെ കൊണ്ടെല്ലാം കഴിയും ഞാൻ സർവശക്തനാണ് രണ്ട് ഞാൻ സർവശക്തൻ മാത്രമല്ല മകനെ മകളെ നിന്നെക്കുറിച്ച് എനിക്ക് വിചാരമുണ്ട് നിന്നെക്കുറിച്ച് എനിക്ക് മനസ്സലിവുണ്ട് അപ്പോഴേ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് സംശയങ്ങൾ പിശാജ് കൊണ്ടുവന്നാൽ മത്തായി എഴുതിയ സുവിശേഷം എട്ടാമധ്യായത്തിൽ നിന്നും മർക്കോസിൻ്റെ സുവിശേഷം നാലാമധ്യായത്തിൽ നിന്നും ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കർത്താവ് മറുപടി പോലെ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ച ആ രംഗമോർത്ത് നമ്മൾ ധൈര്യപ്പെടണം നമ്മുടെ കർത്താവ് എന്താണ് അവിടുന്ന് സർവശക്തനാണ് ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കർത്താവിന് കഴിയും രണ്ട് കഴിയുക മാത്രമല്ല നമ്മളോട് കരുണ കാണിക്കാൻ നമ്മളോട് ആ നിലയിൽ സഹതപിപ്പാൻ നമ്മളോട് താല്പര്യമുള്ളവനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ചിന്തയുള്ളവനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് വിചാരമുള്ളവനാണ് നമ്മുടെ കർത്താവ് എന്നെ വ്യക്തിപരമായി സ്നേഹിക്കുന്നവനാണ് എൻ്റെ കർത്താവ് ഈ രണ്ട് ബോധ്യങ്ങളും ഉള്ളവരായിട്ട് നമുക്ക് പിശാജിൻ്റെ തെറ്റായ സംശയങ്ങൾക്കെതിരെ കർത്താവിനോട് ചേർന്ന് നമുക്ക് നിൽക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങള് നിവർത്തിക്കുന്നവനായ കർത്താവാണ് ആ കർത്താവിനെ നമുക്ക് വിശ്വസിക്കാം കർത്താവിൻ്റെ കരുണയിലെ ചേരാം പ്രിയപ്പെട്ടവര് സുവിശേഷം അഞ്ചാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ അതിൻ്റെ തുടക്കത്തില് കർത്താവ് ഗദരദേശത്ത് അവർ ഈ പടകില് ചെന്ന് ഇറങ്ങി അവർ പടകിൽ ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് അവനെ എതിരേറ്റു വന്നു ആ സംഭവമാണ് കർത്താവ് ആശുദ്ധാത്മാക്കളെ അവനിൽ നിന്ന് പുറത്താക്കുന്നതും അത് പന്നിയിലേക്ക് കടക്കട്ടെ എന്ന് ചോദിക്കുന്നു കർത്താവ് അനുവദിക്കുന്നു പന്നിയിലേക്ക് അങ്ങനെ ആശുദ്ധാത്മാക്കൾ കടന്നു പന്നികൾ കടും കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടിച്ചത്തു ഉടനെ പന്നികളെ മേയിക്കുന്നവർ ഓടിച്ചെന്ന് പട്ടണത്തിലും നാട്ടിലും അറിയിച്ചു അപ്പോൾ അതിൻ്റെ ഉടമസ്ഥരും ആ പട്ടണത്തിലുള്ളവരും ഒക്കെ അത് കാണാനായിട്ട് വന്നു വന്നിട്ട് എന്താ സംഭവിച്ചു വന്നിട്ട് അവരെ ഈ കാര്യത്തിൽ തങ്ങളുടെ പന്നികൾ നഷ്ടപ്പെട്ടതിലായിരുന്നു അവർക്ക് താല്പര്യം അവർ ശ്രദ്ധിച്ചത് അവരേശുവിനോട് തങ്ങളുടെ ഊര് വിട്ടു പോകുവാൻ അപേക്ഷിച്ചു ഈ നിലയിൽ ഭൂതഗ്രസ്ഥനായിരുന്നവൻ സൗഖ്യം പ്രാപിച്ചവൻ കർത്താവിനോട് കൂടെ വരാനായിട്ട് അപേക്ഷ അപേക്ഷിച്ചു പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു നീ നിൻ്റെ വീട്ടിൽ ചെന്ന് നിനക്കുള്ളവരുടെ അടുക്കൽ ചെന്ന് കർത്താവ് ചെയ്തത് സാക്ഷിക്കാ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിർത്തിയിട്ട കർത്താവ് അവിടെ വിട്ട് വീണ്ടും പടകു കയറി ഇക്കര കടന്നു പോരുന്ന ഒരു രംഗമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരും കൂടെ ഗദരദേശത്തെത്തി കടലിൻ്റെ അക്കരെ ഗദരദേശത്തെത്തി നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കർത്താവ് ഈ ഗദരദേശം എന്ന് പറയുന്നത് ഏതാണ് സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇസ്രായേൽ മക്കളെ മോശം നടത്തിക്കൊണ്ടുവരുമ്പോൾ ഈ ഗദരദേശം ഈ ദേശത്തെക്കുറിച്ച് ഒരു പരാമർശം നമ്മൾ കാണുന്നുണ്ട് അതായത് ഇസ്രായേൽ മക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങളെയും മോശം നടത്തിക്കൊണ്ടു വരുന്നു നടത്തിക്കൊണ്ടുവന്നപ്പോൾ അവരെ ഈ യോർദാൻ നദി കടന്ന് ഈ കനാൻ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിച്ച് അവിടെ ഉള്ള ജാതികളുമായിട്ട് യുദ്ധം ചെയ്ത് അവിടം കീഴടക്കി യോശയുടെ നേതൃത്വത്തിൽ അവിടെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും തങ്ങളുടേതായ സ്ഥലം തങ്ങളുടേതായ പ്രദേശങ്ങൾ തിരിച്ചു കിട്ടി അവരെല്ലാവരും പന്ത്രണ്ട് ഗോത്രങ്ങളും ഈ വാഗ്ദത്ത കനാനിൽ ജീവിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം പക്ഷേ നമ്മൾ സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ മുപ്പത്തിരണ്ടാം അധ്യായം മുഴുവൻ വായിച്ചു നോക്കുക നമുക്കവിടെ കാണാൻ കഴിയും രണ്ട് ഗോത്രങ്ങൾ പിന്നീട് ഒരു പകുതി ഗോത്രം കൂടെ അവരോട് ചേർന്നു മൊത്തത്തിൽ രണ്ടര ഗോത്രങ്ങൾ അവരെന്ത് പറഞ്ഞു ഞങ്ങൾ ഈ യോർദാൻ നദി കടന്ന് നീ പറയുന്ന ഈ വാഗ്ദത്ത ദേശത്തേക്ക് ഞങ്ങൾ വരുന്നില്ല കാരണം ഇക്കര ഈ യോർദാൻ്റെ ഇക്കരയുള്ള പ്രദേശം നല്ല പുല്ലുള്ള പ്രദേശമാണ് ഞങ്ങൾക്ക് വളരെ ആടുമാടുകളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആടുകളെയൊക്കെ മേയിച്ച് ഈ യോർദാന നദിയുടെ ഇക്കര ഞങ്ങൾ നിന്നോളാം ഞങ്ങൾ നീ പറയുന്ന വാഗ്ദാത്ത വരുന്നില്ല എന്നാ പറയുന്നു രൂപേന്ദരും ഗാദ്യരും മനശയുടെ പാതിഗോത്രവുമാണ് ഈ കാര്യം അങ്ങനെ മോശയോട് അപേക്ഷിച്ചതും മോശയ്ക്ക് ഈ കാര്യത്തോട് താല്പര്യമില്ലായിരുന്നു പിന്നെ മോശ ഒരു കണ്ടീഷൻ പറഞ്ഞു അതിനനുസരിച്ച് അവർ ചെയ്തു അങ്ങനെ അവസാനം ദൈവവും അവരുടെ നിർബന്ധത്തിന് വേണ്ടി ഈ രണ്ടര ഗോത്രങ്ങൾക്ക് യോർദാൻ നദി കടന്ന് വരാതെ അക്കരെ തന്നെ അവർക്ക് സ്ഥലം വിഭാഗിച്ച് കൊടുക്കുന്നതൊക്കെയാണ് നമ്മൾ സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിലെ വായിക്കുന്നത് മുപ്പത്തിരണ്ടിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യം ഒക്കെ നോക്കുക മോശ ഗാദ്യർക്കും രൂപന്യർക്കും മനുഷ്യയുടെ പാതി ഗോത്രത്തിനും ആ സ്ഥലം ഈ ഇവർ ആഗ്രഹിച്ച ആ സ്ഥലം തന്നെ കനാലിലല്ലാത്ത ആ യോർധാൻ നദിയുടെ അക്കരയുള്ള സ്ഥലം തന്നെ അവർക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഇവിടെ ഇതാ തലമുറകൾക്ക് മുമ്പ് നടന്ന ഈ ഒരു സംഭവം ഈ തലമുറകൾക്ക് മുമ്പ് നടന്ന ഈ ഒരു സ്ഥലത്തേക്ക് ഇതാ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ താന് ഈ ലോകത്ത് ജഡാവതാരം ചെയ്ത ശേഷം അവിടുന്ന ഈ ദേശത്തേക്കാണ് ചെല്ലുന്നത് നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വായിക്കുമ്പോൾ കർത്താവ് ഈ ചെല്ലുന്ന ഈ പ്രദേശമെന്ന് പറയുന്നത് ഏതാണ് ഈ രണ്ടര ഗോത്രങ്ങൾ രൂപേന്യരെ ഗാദ്യര് മനഷയുടെ പാതിഗോത്രം ഇത്രയും പേര് ഞങ്ങൾ കനാലിലേക്ക് വരുന്നില്ല ഞങ്ങളിവിടെ ആടുമാടുകളെ വളർത്തി താമസിച്ചോളാം എന്ന് പറഞ്ഞ ആ പ്രദേശത്തേക്കാണ് ഓ തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ഇതാ താൻ ജഡാവതാരമെടുത്ത ആ കർത്താവ് ചെല്ലുന്നത് ചെല്ലുമ്പോൾ അവിടെ എന്താ അവിടെ കർത്താവിനെയും ശിഷ്യന്മാരെ എതിരേൽക്കാൻ ഒരു ഭൂതഗ്രസ്ഥനാണ് പുറപ്പെട്ടു വരുന്നത് കണ്ടോ ഈ രണ്ടര ഗോത്രങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പൂർണ്ണ എന്തായിരുന്നു അവര് വാദ്യത്ത കനാനിൽ തന്നെ താമസിക്കണമെന്നുള്ളതായിരുന്നു പക്ഷെ അവരവരുടെ സാമ്പത്തികമായ നേട്ടം നോക്കി ദൈവത്തിൻ്റെ ആ നിലയിലുള്ള ആഗ്രഹത്തിൽ നിന്ന് അവർ പുറകോട്ടു പോയി ആ ദൈവം നിർബന്ധത്തെ അവസാനം സമ്മതിച്ചു കൊടുത്തു എങ്കിലും അവിടുന്ന് ദൈവം തമ്പുരാൻ പിന്നീട് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ അവരുടെ ദേശത്തേക്ക് ഒന്ന് എന്താ കർത്താവിനെ എതിരേൽക്കാൻ വരുന്നത് അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ തന്നെയുമല്ല ആ നാട്ടുകാരെ ഈ അശുദ്ധാത്മാവ് ബാധിച്ചവനെ സൗഖ്യമാക്കിയത് കണ്ടിട്ടും കർത്താവിനെ അംഗീകരിക്കാതെ തങ്ങളുടെ നാട് വിട്ടുപോണേ എന്ന് പറയുന്ന ആളുകൾ അവരെപ്പോഴും അവരുടെ ഭൗതികതയാണ് അവർക്ക് പ്രധാനം കണ്ടോ പ്രിയപ്പെട്ടവരേ അതുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെക്കാൾ ഭൗതികതയെ തെരഞ്ഞെടുത്താൽ അത് എപ്പോഴും നാശത്തിലേ ചെന്ന് ചേരുകയുള്ളൂ എന്നൊരു സന്ദേശം നമുക്ക് അവിടെ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ ഇവര് ഈ രണ്ടര ഗോത്രങ്ങൾ എന്തിനാണ് ഈ യോർദാൻ്റെ അങ്ങേക്കരയിൽ നിന്നത് അവരന്ന് നമ്മളെ സംഖ്യാപുസ്തകം മുപ്പത്തിരണ്ടിൽ വായിച്ചത് മോശയോട് പറഞ്ഞത് ഞങ്ങൾ ആടുമാടുകളെ വളർത്താൻ നല്ല പുല്ലുള്ള പ്രദേശമാണെന്ന് പറഞ്ഞാണ് അവരവിടെ നിന്നത് അതേസമയം പുത്രൻ തമ്പുരാനിപ്പോൾ അവരുടെ നാട്ടിൽ ചെന്നപ്പം അവർ ആടുമാടുകളെയാണോ വളർത്തുന്നത് അല്ല അവർ പന്നികളെയാണ് വളർത്തുന്നത് പന്നി എന്ന് പറഞ്ഞാൽ ആ യഹൂദന് അറപ്പുള്ളതാണ് അറപ്പുള്ള അതാണ് പന്നി ആ പന്നിയെ ആണ് ഇപ്പോൾ അവിടെ വളർത്തുന്നത് കണ്ടോ ആടുമാടുകളെ വളർത്താൻ വേണ്ടി ഞങ്ങൾ ഇക്കരെ നിന്നോട്ടെ എന്ന് ചോദിച്ച ആ രണ്ടര ഗോത്രങ്ങൾ തലമുറകൾ കഴിഞ്ഞപ്പോൾ പന്നിയാണ് വളർത്തുന്നത് രണ്ട് ദൈവം തമ്പുരാൻ പുത്രൻ തമ്പുരാൻ അവരുടെ മധ്യത്തിലേക്ക് ചെന്നപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ചവനാണ് കർത്താവിനെ എതിരേൽക്കാൻ ചെയ്യുന്ന ചെല്ലുന്നത് അവൻ്റെ ആ നിലയിലുള്ള അശുദ്ധാത്മാവിനെ പുറത്താക്കിയത് അവരെ കർത്താവിനെ അംഗീകരിക്കുന്നില്ല മറിച്ച് കർത്താവെ നീ ഞങ്ങളുടെ നാട്ടിൽ പോണേ എന്ന് പറയുന്ന ഹൃദയകാഠിന്യമുള്ളവരാണ് പ്രിയപ്പെട്ടവർ ഇതിൽ നിന്ന് നമ്മൾ എടുക്കേണ്ട പാഠം നമ്മൾ ആത്മീയതയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത് ഭൗതികതയ്ക്ക് പ്രാധാന്യം നൽകിയാൽ അത് പ്രയോജനമാകുകയില്ല അത് തിരിച്ചടിക്കും എന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രദേശത്തിൻ്റെ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ി വളരെ വേഗത്തിൽ നമുക്ക് ചിലര് കർത്താവിനോട് അപേക്ഷിച്ച ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അതിന്റെ അഞ്ചാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തില് അവിടെ ആ ഭൂതഗ്രസ്ഥൻ ചെന്നിട്ട് കർത്താവ് എന്നെ ദണ്ണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിച്ചു അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തില് ഈ ഭൂതങ്ങള് പന്നികളിലേക്ക് അയക്കണേ എന്ന് കർത്താവിനോട് അപേക്ഷിച്ചു പിന്നീട് അതിൻ്റെ ആ പതിനേഴാമത്തെ സൗഖ്യം ലഭിച്ചപ്പോ അവ സൗഖ്യം ലഭിച്ചത് ഒക്കെ ആ നാട്ടുകാർ വന്ന് യേശുവിനോട് ഞങ്ങളുടെ നാട് വിട്ടുപോകണേ എന്ന് അപേക്ഷിച്ചു മൂന്നപേക്ഷകളാണ് അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പതിനേഴാമത്തെ വാക്യത്തിൽ മൂന്നപേക്ഷിച്ചു അപേക്ഷിച്ചു അപേക്ഷിച്ചു എന്നാണ് നമ്മൾ കാണുന്നത് ഈ മൂന്നപേക്ഷയും എന്താണ് കർത്താവ് വാസ്തവത്തിൽ അംഗീകരിക്കേണ്ട അപേക്ഷയല്ല ഒന്ന് ഭൂതഗ്രസ്തന്റെ അപേക്ഷയാണ് പൂ അവനെ ദണ്ഡിപ്പിക്കരുത് എന്നുള്ളതാണ് രണ്ടെന്ന് പറയുന്നത് ഭൂതങ്ങളുടെ അപേക്ഷയാണ് പന്നികളിലേക്ക് ഞങ്ങളെ വിടണമെന്നുള്ളത് കർത്താവ് അതും അനുവദിച്ചു നാട്ടുകാര് ഞങ്ങളുടെ നാട് വിട്ടു പോണേ എന്നപേക്ഷിച്ചു സത്യത്തിൽ അവര് കർത്താവിനെ അംഗീകരിക്കേണ്ടതാണ് ഞാ ആ നാടിൻ്റെ തലവേദനയായ ഭൂതഗ്രസ്ഥനെ സൗഖ്യമാക്കിയ കർത്താവിനെ എതിരേൽക്കേണ്ടതാണ് പക്ഷെ അവർ ഹൃദയകാഠിന്യത്തോടെ പറയുന്നു അതിർ വിട്ടു പോകാൻ അപേക്ഷിച്ചു ആ അപേക്ഷയും കർത്താവ് കൈക്കൊണ്ടു നമ്മളിവിടെ കാണുന്ന മൂന്നു അപേക്ഷകളും കർത്താവ് വാസ്തവത്തിൽ അംഗീകരിക്കേണ്ടതല്ല എന്നുവച്ചാൽ അംഗീ അത് മൂന്നും ശരിയായുള്ള അപേക്ഷകളല്ല എങ്കിൽ പോലും കർത്താവ് എന്തു ചെയ്തു ഭൂതഗ്രസ്ഥൻ്റെ അപേക്ഷ കേട്ടു ഭൂതങ്ങളുടെ അപേക്ഷ കേട്ടു നാട്ടുകാരുടെ തെറ്റായ അപേക്ഷ കേട്ടു ഈ കാര്യം ഞാൻ ഊന്നിൽ പറയാൻ കാര്യം അതിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലെ കാര്യമാണ് പതിനെട്ടാമത്തെ വാക്യം ഈ ഭൂതഗ്രസ്ഥൻ സൗഖ്യമായവൻ യേശു പടകേറുമ്പോൾ താനും കൂടെ പോരട്ടെ എന്നവനോട് അപേക്ഷിച്ചു നാലാമത്തെ അപേക്ഷയ കർത്താവ് ഈ നാലാമത്തെ അപേക്ഷ മാത്രം അനുവദിച്ചില്ല മറ്റു മൂന്ന് അപേക്ഷകൾ മറ്റു മൂന്ന് നമ്മുടെ നോട്ടത്തിൽ തെറ്റായ അപേക്ഷകൾ അല്ലെങ്കിൽ കർത്താവ് ഒരു കാരണവശാലും അംഗീകരിക്കേണ്ട ആവശ്യമില്ലാത്ത അപേക്ഷകളൊക്കെ കർത്താവ് കേട്ടു പക്ഷെ ഈ നാലാമത്തെ അപേക്ഷ നല്ല അപേക്ഷയായിട്ട് നമുക്ക് തോന്നും എന്താ താനും കൂടെ ഭൂതഗ്രസ്ഥനായവ ആയിരുന്നവൻ സൗഖ്യം നേടി കർത്താവിനോടൊപ്പം ചെന്ന് കർത്താവ് ചെല്ലുന്നിടത്തെല്ലാം കർത്താവിന് വേണ്ടി സാക്ഷ്യങ്ങളും ഒക്കെ പറഞ്ഞ് വലിയൊരു ശുശ്രൂഷയിലേക്ക് പോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത് അവനോട് മാത്രം അവൻ്റെ അപേക്ഷ അനുവദിക്കാതെ നീ നിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ കർത്താവ് നിന്നോട് കരുണ കാണിച്ചതൊക്കെ പ്രസ്താവിക്കാ എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചും നമ്മൾ ചിലപ്പം വിചാരിക്കും എൻ്റെ ഏറ്റവും നല്ല അപേക്ഷ കർത്താവ് കേൾക്കാഞ്ഞത് ഈ സൗഖ്യമായവൻ വേണമെങ്കിൽ അങ്ങനെ വിചാരിക്കാം എൻ്റെ ഈ നല്ല അപേക്ഷ കർത്താവ് കേട്ടില്ലല്ലോ ഭൂതങ്ങളുടെ അപേക്ഷ കേട്ടു നാട്ടുകാരുടെ തെറ്റായ അപേക്ഷ കേട്ടു അങ്ങനെയൊക്കെയുള്ള തെറ്റായ കാര്യങ്ങളെല്ലാം കർത്താവ് വളരെ കരുണയോടെ അപേക്ഷകൾ സ്വീകരിച്ചു എൻ്റെ നല്ല അപേക്ഷ എന്തുകൊണ്ട് കർത്താവ് കേട്ടില്ല നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ മറ്റു പലർക്കും അവരുടെ പ്രാർത്ഥന പോലൊക്കെ ദൈവം ആ അവരോടൊക്കെ ഒത്തിരി കരുണ കാണിച്ചു ആ കരുണയൊന്നും അവർക്ക് കിട്ടാൻ അർഹതയൊന്നുമില്ല എങ്കിലും കർത്താവ് അവരുടെ അപേക്ഷയും പ്രാർത്ഥനയും കേട്ട് അവരോടൊക്കെ കരുണ കാണിച്ചു എന്റെ നല്ല അപേക്ഷയ്ക്ക് മാത്രം ഉത്തരം തന്നില്ലല്ലോ എന്ന് സഹോദര സഹോദരി നിന്റെ മനസ്സിലൊരു ഖേദമുണ്ടോ ഈ വാക്യങ്ങൾ ഓർക്കുക കർത്താവ് എന്തുകൊണ്ടാണ് ഈ ഈ സൗഖ്യമായവൻ്റെ അപേക്ഷ സ്വീകരിക്കാതിരുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായ നന്മ അവനവൻ്റെ വീട്ടിൽ ഇത്രയും നാളവന് അവൻ്റെ വീട്ടുകാരോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ല ഇനിയും അവൻ്റെ വീട്ടിൽ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് ആ നാട്ടിൽ തന്നെ കഴിയട്ടെ അതിനായിട്ടാണ് കർത്താവ് അവൻ്റെ ആത്യന്തിക നന്മ ഉദ്ദേശിച്ചാണ് അവൻ്റെ താൽക്കാലികമായ അപേക്ഷ കേൾക്കാതിരുന്നത് അതുകൊണ്ട് നമ്മുടെയും ചില അപേക്ഷകൾ കർത്താവ് കേൾക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കർത്താവിൻ്റെ കരുതലിനെ സംശയിക്കാതെ നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ